ഇനി നിങ്ങൾ പിന്തിരിഞ്ഞുപോയാൽ എനിക്ക് നൽകപ്പെട്ട സന്ദേശം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു എന്റെ രക്ഷിതാവ് നിങ്ങൾക്കു പകരം മറ്റൊരു ജനതയെ കൊണ്ടുവരും നിങ്ങൾക്കവനെ ഒട്ടുമുപദ്രവിക്കാൻ കഴിയില്ല തീർച്ചയായും എൻറെ രക്ഷിതാവ് എല്ലാ കാര്യങ്ങളെയും സംരക്ഷിക്കുന്നവനാകുന്നു